ആദു ജനതയിലേക്ക് അവരുടെ സഹോദരനായ ഹൂദ് അലി ഹിസ്സലാമിനെ നാം അയച്ചു അദ്ദേഹം പറഞ്ഞു എൻറെ ജനതയെ നിങ്ങൾ അള്ളാഹു സുബഹാനു ഹൂവത്ത് അലയെ ആരാധിക്കുവിൻ അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ